അയല വരമ വീർ അബീർ لا يقفى عليه شيء في الارض ولا في السماء وهو السميع البصير نحمده ونستعينه ونستغفره ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا وحبيبنا محمد بن عبد الله ورسوله وصفيّه من خلقه وخليله امام المرسلين وخاتم النبيين وقدوة المتوكلين اللهم صل وسلم وبارك على سيدنا محمد وعلى اله الطيبين الطاهرين واصحابه الغر الميامين وَالطَّابِعِينَ لَهُمْ بِإِحْسَانٍ إِلَى يَوْمِ الدِّينِ أما بعد إِنُّ نُرِيدُ إِلَّا الْإِسْلَاحِ مَا اسْتَطَعْتُ وَمَا تَوْفِيقِي إِلَّا بِاللَّهِ عَلَيْهِ تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ يَتَّوْمْ سَنَيْهُمْ بُهُمَا نَوْمُ اللَّهِ كَرَلَى إِسْلَامِ قَلَاسِ رُومِ لَي എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ നേതാക്കളെ സഹോദരങ്ങളെ സഹപ്രവർത്തകരെ അള്ളാഹുസുബാനു താല നമ്മുടെ ഈ സംരംഭങ്ങളൊക്കെയും അവനിഷ്ടപ്പെടുന്ന സ്വാലിഹായ പ്രതിഫലാർഹമായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ കേൾക്കുന്നുണ്ടല്ലേ ഹലോ മുദ്യൂർ സാഹിബ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ ഓക്കെ കുറച്ച് അല്ല ഒരുപാട് വഴിയിട്ടുണ്ട് എന്നാലും ഞാന് ആ കുറച്ച് ചെറിയ പ്രതിരേ ഹരീഫുകൾ മാത്രം ഇൻഷാല്ല പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം प्रिय சகோதரர்களே وان انس بن رضي الله عنه ان عن النبي صلى الله عليه وسلم ثلاث من كنا فيه وجد بهن حلاوه الايمان ان يكون الله ورسوله احب اليك مما سواه وما اي يحب المرء لا يحبه الا لله وان يكره ان يعود في الكفر بعد ان قضاه الله منه كما يكره ان يفض في النار <تصفيق> മഹാനായ അനസബനു മാലിക് റലിയുള്ളാഹു എന്നിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പലപ്പോഴും നാമൊക്കെ പലവിധ ചർച്ചകൾക്കും വിധേയമാക്കുന്ന ഒരു സ്വഹീഹായ ഹദീഫാണ് ഞാൻ നിങ്ങളെ ഓദിക്കേൾപ്പിച്ചത് നബിസൊല്ലാഹു അലൈ വസലമ തങ്ങൾ പറയുകയാണ് സലാസുൻ മൻ കുന്നഫീ വലാവൽ ഇമാൻ ഏത് വ്യക്തിയിൽ ഒരു മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവന് വിശ്വാസത്തിന്റെ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയും എന്ന് നബിഷല്ലാഹു അലൈ വസല്ല തങ്ങൾ പറയുകയാണ് എന്നിട്ട് ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓരോന്നിങ്ങനെ എണ്ണി പറയുന്നു ഒന്നാമത്തത് അല്ലാഹുവും അവന്റെ പ്രവാചകനും അവന് മറ്റെല്ലാത്തിനേക്കാളും ഉപരി ഏറ്റവും പ്രിയപ്പെട്ടതാവുക ഇല്ലാലില്ല മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ അവൻ ഇഷ്ടപ്പെടുക മൂന്നാമത്തെ കാര്യം കുഫുറിൽ നിന്ന് ഇസ്ലാമിലേക്ക് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും അതേ കുഫ്രീയത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് അവനെ തീയിലേക്ക് പിടിച്ച് ഇടുന്നതിൽ നിന്ന് ഇടുന്നതിനേക്കാൾ അത്രമാത്രം അവന് വെറുപ്പായിരിക്കും അവന് അത് വെറുക്കെന്ന് വീണ്ടും കുഫ്രീയത്തിലേക്ക് പോകൽ ധാരാളം വിശദീകരണം അർഹിക്കുന്ന ഒരു ഹദീഫാണിത് മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനുണ്ടായാൽ അവന് ഈമാനിൻ്റെ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയും ഇവിടെ തന്നെ ഈമാൻ വിശ്വാസം ആ വിശ്വാസം അതിൻ്റെ മാധുര്യം അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുമെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത നമുക്കൊക്കെ വളരെ കൂടുതൽ ആലോചിക്കേണ്ട പിന്നെ നമ്മളൊക്കെ ഹൃദയത്തോട് ചോദിക്കേണ്ട പല ചോദ്യങ്ങളും അതിലുണ്ട് നമ്മളൊക്കെ വിശ്വാസികളാണ് അള്ളാഹുവും അവന്റെ പ്രവാചകനും എന്തെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളിൽ ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പൊ സത്യത്തിൽ നാം ഈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം നമുക്കിപ്പോൾ മധുരമുള്ള എന്തെങ്കിലും ഒരു പലഹാരം തിന്നുകയാണെങ്കിൽ അതിൻ്റെ മധുരം നമ്മുടെ നാവിൽ നമുക്ക് അനുഭവപ്പെടും അത് ശരീരത്തിൽ നമുക്ക് ആസ്വദിക്കാനും കഴിയും എന്നാൽ അതുപോലെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയണം എന്നാണ് തിരുമേനി സല്ലാഹു അലൈ വസല്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മാധുര്യം അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതിന് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും നാം ചെയ്യുന്ന ഇബാതത്തുകൾ ആ ഇബാധത്തുകൾ ഒരു രസമായിട്ട് അവന്റെ ജീവിതത്തിൽ അനുഭവപ്പെടുക വിഭാഗത്ത് തന്നെ രസമായിട്ട് അനുഭവപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് അവൻ ഉയരുമ്പോൾ അവന്റെ നിസ്കാരങ്ങളും അവന്റെ നോമ്പുകളും അവൻ ചെയ്യുന്ന മറ്റു എല്ലാ കർമ്മങ്ങളും അതൊരനുഭൂതിയായിട്ട് അതൊരു ആസ്വാദക വസ്തുവായിട്ട് അവൻ അനുഭവപ്പെടുന്നുവെങ്കിൽ ഈ മാധുര്യം അവൻ അനുഭവിക്കുന്നു എന്നാകുന്നതിനർത്ഥം അപ്പോഴെന്ത് ചെയ്യും ദീനിലുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ അവൻ സഹിക്കും അവൻ ദീനിയായ ചുറ്റുപാടിലൂടെ ജീവിക്കുമ്പോൾ അവൻ അനുഭവിക്കേണ്ടി വരുന്ന സർവത്ര യാഥനകളും വേദനകളും സഹിക്കുക എന്നുള്ളത് അത് സഹിക്കുമ്പോഴും അവനൊരു രസം അനുഭവപ്പെടുക അത് സാധാരണഗതിയിൽ വിഷമങ്ങൾ സഹിക്കുമ്പോൾ അവന് ബുദ്ധിമുട്ടാണ് തോന്നേണ്ടത് പക്ഷേ ഇവിടെ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ദീനിന് വേണ്ടി എന്തെങ്കിലും വിഷമം സഹിക്കുമ്പോൾ അതൊരു എന്തെങ്കിലും ബുദ്ധിമുട്ട് സഹിക്കുമ്പോൾ അതൊരു രസമായിട്ട് അവന് തോന്നുന്നുവെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ദുനിയവിയായ കാര്യങ്ങളേക്കാൾ അവന് അള്ളാഹു ദീനിന്റെ കാര്യങ്ങൾ തെരഞ്ഞെടുക്കുക രണ്ടും കൂടി എവിടെങ്കിലും ഒരു ഏറ്റുമുട്ടലുണ്ടാവുകയാണെങ്കിൽ അവന്റെ മുമ്പിൽ രണ്ട് പ്രശ്നങ്ങൾ വരുന്നു ഇതിൽ നിന്ന് ഏത് ഞാൻ തെരഞ്ഞെടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു തിരിച്ചറിയാത്ത ചുറ്റുപാടിൽ അവൻ ദുനിയവിയായ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് ദീനിയായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെങ്കിൽ അത് അപ്പോൾ അവനൊരു രസം ഉണ്ടാകുക അതിലവനൊരു വളരെ ഉഷാറ് ഇങ്ങനെ തോന്നുക ഞാൻ ആ ദീനിയായ കാര്യം ഉപേക്ഷിച്ചതുകൊണ്ട് എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും എന്നാലും ഞാൻ ആ പിന്നെ ീനിന്റെ കാര്യം തെരഞ്ഞെടുത്തല്ലോ അപ്പൊ അതിലൊരനുഭവം ഒരു രസം അവനിങ്ങനെ തോന്നുക അപ്പോഴാണ് അള്ളാഹു സുബാൻ അവതാൽ അവന്റെ പ്രവാചകനിലൂടെ നമ്മെ പിടിപ്പിച്ച ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുക ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ നമ്മൾ ചില പ്രേരണക്ക് വാങ്ങി ചില സമ്മർദ്ദങ്ങൾക്ക് കാരണമായി അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും എങ്ങനെ ഈമാ പിന്നെ ദീനിയായ കാര്യങ്ങളെ നാം തെരഞ്ഞെടുക്കേണ്ടി പക്ഷേ അതും മനസ്സിനൊരു ഒരു വിഷം ോടുകൂടെ ചെയ്യുന്നു ഇനി ഞാനെങ്ങനെ അത് ചെയ്യാതിരിക്കുക ഇവിടുത്തെ സാഹചര്യം പിന്നെ ഞാൻ താമസിക്കുന്ന റൂമിന്റെ സാഹചര്യം അങ്ങനെയായി പോയി ഞാൻ താമസിക്കുന്ന നാടിന്റെ സാഹചര്യം അങ്ങനെയായി പോയി ഇനി അതുകൊണ്ട് അവരൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെയ്യാം എന്ന രീതിയിൽ ചെയ്യുമ്പോൾ അവൻ അവന്റെ മനസ്സിന് ഒരു രസവും അനുഭവപ്പെടൂല ആ ദീ ദീനിയായ കാര്യം തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് ഒരു പിന്നെ വേണ്ടത്ര അനുഭവി ആസ്വദിക്കാൻ അവന് കഴിയുന്നില്ല ഇങ്ങ സത്യത്തിൽ ഈ മാധുര്യം അവൻ അനുഭവിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക തിരിച്ച് അള്ളാഹുവിനെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് വിയായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ദീനിയായ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുകയും ചെയ്യുമ്പോൾ ഒരു രസം അവൻ അനുഭവപ്പെടണം വല്ലാത്തൊരനുഭൂതി അതുകൊണ്ട് അവനുണ്ടാവണം എന്നതുപോലെ തന്നെയാണ് അള്ളാഹുവിനെ ഒരു മനുഷ്യൻ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം താ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെടുക അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുക അവൻ വിരോധിച്ച കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക അതേപ്രകാരം തന്നെ പ്രവാചകനോടൊരാൾക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ കാര്യങ്ങളാണോ കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പനകളൊക്കെ ശിരസാവഹിക്കുമ്പോൾ അതുമൂലം വല്ലാത്തൊരു രസം അവന് തോന്നുക അള്ളാഹുവിന്റെ പ്രവാചകൻ വേണ്ടെന്ന് കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ആ ഉപേക്ഷിക്കുന്നതിന് ഉണ്ട് മനസ്സിനൊരു എടങ്ങേറില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ആശ്വാസം അവൻ അനുഭവപ്പെടുക ഇങ്ങനെ ഈ ചുറ്റുപാടിൽ അവന്റെ മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അവന് ഈ മാധുര്യം അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയും എന്ന് മഹാനായ പ്രവാചക തിരുമേനിഹു അലൈ വസല്ലമാങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് റസൂലുല്ലാഹിഹു അലൈ വസല്ലമാങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത് അള്ളാഹുവും അവന്റെ റസൂലും അവന് ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടതാകുക അള്ളാഹു ഇഷ്ടപ്പെട്ടതാകുക അവന്റെ പ്രവാചക തിരുമേനിഷ്ടപ്പെട്ടത് പിന്നെ റസൂലിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബാനോ എന്തെല്ലാം കാര്യങ്ങളാണോ അവനോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ അവൻ പ്രവർത്തിക്കുക അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളാണോ വിരോധിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെയും അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ ഒഴിവാക്കുക ാഹു അലൈവസ തങ്ങളോട് തങ്ങളവൻ സ്നേഹിക്കുന്നു മറ്റെല്ലാത്തിനേക്കാളും എന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേണിഹു അലൈവ് വസല്ലമാ തങ്ങളാകുക അവന്റെ ജീവിതത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് മറ്റേതെങ്കിലും താല്പര്യങ്ങളോ സ്വാർത്ഥ അവന്റെ ജീവിതത്തിന്റെ അജണ്ട നിശ്ചയിക്കേണ്ടത് അതിന് ആരെയും അനുവദിക്കാതിരിക്കുക ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി ഏത് രീതിയിലാണെങ്കിലും ശരി തന്റെ ജീവിതത്തിന്റെ അജണ്ട നിശ്ചയിക്കേണ്ടത് പ്രവാചക തിരുമേനി തങ്ങളുടെ വിശുദ്ധമായ സമ്പ ജീവിതമാണ് എങ്കിൽ അവൻ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു മറ്റെല്ലാത്തിനേക്കാളും എന്ന് മനസ്സിലാക്കാൻ കഴിയും കേൾക്കുന്നുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ഒന്നാമത്തെ കാര്യമായി പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ പറഞ്ഞത് അതാണ് അള്ളാഹുവും അവന്റെ പ്രവാചകരും മറ്റു ലോകത്ത് എന്തൊക്കെ ഉണ്ടാവും അതിലെല്ലാം പെട്ടു അവന്റെ സാമ്പത്തികം പെട്ടു അവന്റെ കുടുംബപരമായ കാര്യങ്ങൾ പെട്ടു അവന്റെ ജോലി പെട്ടു അവന്റെ മറ്റെല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നു അതിനേക്കാളൊക്കെ അവൻ സ്നേഹിക്കുന്നത് തന്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റു ലോകത്തുള്ള എല്ലാത്തിനേക്കാളും അവന്റെ ജോലിയേക്കാളും അവന്റെ മറ്റു എല്ലാത്തിനേക്കാളും അവൻ ഇഷ്ടപ്പെടുന്നത് അവന്റെ അള്ളാഹുവായിരിക്കണം അള്ളാഹുവിന്റെ പ്രവാചകനായിരിക്കണം അതിന് അവരുടെ അവർ കാണിച്ചു തന്ന ഒന്നിന് എതിര് അവന്റെ ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു വിഷയം എതിര് വരികയാണെങ്കിൽ അവിടെ പ്രവാചകർ സൊല്ലാഹു അലൈ തങ്ങളുടെ അള്ളാഹുവിന്റെ അതൊക്കെ കൽപ്പനകൾ തെരഞ്ഞെടുക്കാൻ അവന് കഴിയണം അപ്പോൾ അവൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചു തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണിത് എനിക്ക് മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവാണോ പ്രിയപ്പെട്ടത് എനിക്ക് മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവിന്റെ ഹബീബായ മുത്തമുഹമ്മദ് മുസ്തഫാഹു അലൈവസ തങ്ങളാണോ പ്രിയപ്പെട്ടത് എന്ന് നിക്ഷേപിക്കാൻ നമ്മൾക്ക് തീരുമാനമെടുക്കാൻ നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചാൽ മതി അതിന് മറ്റൊരിടത്തേക്ക് പോകേണ്ട കാര്യമല്ല ഒരു വിഷയം വരുമ്പോൾ നാം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ അവിടെ റസൂൽഹിഹു അലൈ വസല്ല തങ്ങളുമായി ബന്ധപ്പെടുന്ന തങ്ങളുടെ പവിത്രമായ വാനോളം ഉയർന്നു നിൽക്കുന്ന ആ മഹൽ വ്യക്തിത്വത്തിന് ഇടിവ് സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ എത്ര വലിയ ശക്തി വരികയാണെങ്കിലും ശരി അവിടെ നാം എന്ത് നിലപാട് സ്വീകരിക്കുന്നു പ്രവാചകന്റെ വ്യക്തിത്വത്തോട് കൂടെ നിൽക്കുന്നുവോ അതോ അതിനെ ഇടിച്ചു താഴ്ത്താനും ഇകഴ്ത്താനും വേണ്ടി ശ്രമിക്കുന്ന അവരോട് കൂടെ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിനോടുള്ള സ്നേഹമുള്ളവരാണെങ്കിൽ പ്രവാചകരോട് സ്നേഹമുള്ളവരാണെങ്കിൽ പ്രവാചകന്റെ വ്യക്തിത്വത്തോട് കൂടെ നിൽക്കണം എന്തൊക്കെയാണെങ്കിലും എതിർത്തു തോൽപ്പിക്കാൻ ഏതൊക്കെ പ്രതിസന്ധി ത്തിലും അവൻ തയ്യാറാകുകയും വേണം രണ്ടാമത്തെ കാര്യം റസൂൽ അള്ളാഹുവിനെ മനുഷ്യന് സ്നേഹം അതൊരു മനുഷ്യ സഹജമായ അവന്റെ പ്രകൃതിപരമായ ഒരു വിശേഷണമാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക എന്നുള്ളത് സ്നേഹിക്കാൻ ആഗ്രഹിക്കാത്ത സ്നേഹിക്കപ്പെടാനാഗ്രഹിക്കാത്ത ഒരു വസ്തുവും ലോകത്തില്ല എന്നുള്ളതാണ് സത്യം എപ്പോഴും അങ്ങനെയാണ് അത് ചില സമയത്ത് മനുഷ്യൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ മനുഷ്യൻ സ്നേഹിക്ക സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ മറ്റുള്ളവർ തന്നെ സ്നേഹിക്കപ്പെടണമെന്നും മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നും ആഗ്രഹിക്കുന്നു ഇങ്ങനെ ആഗ്രഹിക്കാത്തവരായി ലോകത്താരും ഉണ്ടാവുകയില്ല അത് വൺവേ ആവരുത് എന്നും ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട് ഒരു നമ്മൾ അങ്ങോ ഇങ്ങോട്ട് മാത്രം സ്നേഹിക്കാൻ മറ്റുള്ളവരൊക്കെ നമ്മെ സ്നേഹിക്കണം നമ്മുടെ ഭാര്യമാർ നമ്മെ സ്നേഹിക്കണം നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സ്നേഹിക്കണം നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ സ്നേഹിക്കണം നമ്മുടെ മക്കളൊക്കെ നമ്മെ സ്നേഹിക്കണം നമ്മുടെ അയൽവാസികൾ നമ്മെ സ്നേഹിക്കണം സുഹൃത്തുക്കൾ സ്നേഹിക്കണം എല്ലാവരും ഇങ്ങോട്ട് സ്നേഹിക്കണം ആ സ്നേഹം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ നാം ആ വിഷയത്തിൽ ബഹീലന്മാരാണ് ലുപ്ധന്മാരാണ് രികയാണെങ്കിൽ ഇവിടെ ഒരു കാര്യവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങോട്ട് കൊടുക്കാത്തതൊന്നും ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം എന്നാഗ്രഹിക്കുന്നത് വ്യാമോഹമാണ് അത് ലഭിക്കാൻ പോകുന്ന കാര്യമല്ല തിരിച്ചു കിട്ടണം എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്നവരായിരിക്കണം എങ്കിലേ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുള്ളൂ ചില ആളുകളൊക്കെ മക്കളെ അവർക്ക് വയസ്സാകുന്ന സമയത്ത് മക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയാം സാധാരണഗതിയിൽ ആക്ഷേപങ്ങൾ പറയാറുണ്ട് പക്ഷേ അവർ പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മക്കൾക്ക് മക്കൾക്ക് സ്നേഹം കൊടുക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് അവർക്ക് സ്നേഹം കൊടുക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ആക്ഷേപിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാകൂല അപ്പൊ ചുരുക്കത്തിൽ സ്നേഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണ് അങ്ങനെ ഒരു മനുഷ്യനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ അത് വേണ്ടിയായിരിക്കണം അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നാം സ്നേഹിക്കുന്നത് എങ്കിലേ എങ്കിൽ മാത്രമേ ആ സ്നേഹത്തിന് അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ ശരിക്ക ിക്കുന്നത് ഈമാനിന്റെ മാധുര്യം അവൻ അനുഭവിക്കാൻ കഴിയും അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടി അവൻ സ്നേഹിക്കുമ്പോൾ അത് തന്റെ ഗുരുനാഥന്മാരോടുള്ള സ്നേഹമാണെങ്കിലും ശരി മാതാപിതാക്കളോടുള്ള സ്നേഹമാണെങ്കിലും ശരി മക്കളോടും കുടുംബങ്ങളോടും മയൽവാസികളോടും സുഹൃത്തുക്കളോടും മറ്റു മനുഷ്യേതര ജീവികളോടുള്ള സ്നേഹമാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടിയായിരിക്കണം ഇവരെയൊക്കെ സ്നേഹിക്കണമെന്ന് ആത്മ മായി സ്നേഹിക്കണമെന്നും ആ സ്നേഹത്തിന് അനുസൃതമായ മറ്റു പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്ന രൂപത്തിലായിരിക്കണം എങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയും ഇതും കൂട്ടത്തിൽ നാം ചേർത്ത് വായിക്കേണ്ടതാണ് മറ്റൊന്ന് അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം മറ്റുള്ളവരെ നാം സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ വജഹിന് വേണ്ടിയായിരിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും ഉപരി സ്നേഹിക്കണം അപ്പൊ ആ സ്നേഹം അവരിൽ നിന്ന് തിരിച്ചു വന്ന് പിന്നെ സൃഷ്ടികളിലേക്ക് വരികയാണ് മനുഷ്യന്മാരിലേക്ക് വരുന്ന സമയത്ത് ആ മനുഷ്യന്മാരെ അവൻ സ്നേഹിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ വജഹിന് വേണ്ടിയായിരിക്കണം അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സ്നേഹിക്കും ണമെന്ന് അള്ളാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം ലഭിക്കണം അതുകൊണ്ടായിരിക്കണം അല്ലാതെ ദുനിയാവിൽ അവനൊരു വലിയ മനുഷ്യനാണ് അവനൊരു വലിയ കോടീശ്വരനാണ് അവൻ ഒരുപാട് മറ്റ് ദുനിയവിയായ ഒരുപാട് പിന്നെ കഴിവുകളുള്ള വ്യക്തിയാണ് അവനെ സ്നേഹിച്ച് അവന്റെ കൂടെ നിന്നെങ്കിലേ രക്ഷയുള്ളൂ അല്ലെങ്കിൽ ദുനിയാവ് മുന്നോട്ടു പോകാൻ പ്രയാസമാണ് അവന്റെ കൂടെ അവനെ സ്നേഹിച്ചുകൊണ്ട് നിന്നാലോ ഒരുപാട് ഭൗതികമായ നേട്ടങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചവനെ സ്നേഹിച്ചാൽ അവനിൽ നിന്ന് കിട്ടുന്ന ആ ഭൗതികമായ നേട്ടങ്ങൾ മാത്രമേ അവൻ ഉണ്ടാവുകയുള്ളൂ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ അവന് ഒന്നും ലഭിക്കുകയില്ല അല്ലെങ്കിൽ ഇവിടെ വെച്ച് അതവൻ അനുഭവിക്കാനും ആ ഈമാൻ അനുഭവിക്കാനും ആസ്വദിക്കാനും അവന് കഴിയില്ല മറ്റിനിപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക ഒരാളെ നാം സ്നേഹിച്ചു ഒരു വ്യക്തിയെ സ്നേഹിച്ചു അതാരാണെങ്കിലും ശരി ഇനി ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയില്ല നോക്ക് അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി ാണ് നാം സ്നേഹിച്ചത് മറ്റൊന്നും നമുക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോലും ആ സ്നേഹം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ വചിന് വേണ്ടിയാണെങ്കിൽ അത് നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയും എന്നാണ് റസൂൽ അലൈ വസ്സല തങ്ങൾ ഈ പറഞ്ഞതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം അള്ളാഹു ഒരു മനുഷ്യനെ കുഫ്രിയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വയ്യക്രഹ യഊദ ഫിൽ കുഫ്രി ബഅദ അൻ അൻഖദഹുല്ലാഹു മിൻഹു അല്ലാഹു സുബ്ഹാന വതാല കുഫ്രിയത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി ഇസ്ലാമിന്റെ സുന്ദരമായ പവിത്രമായ ആ ശരണയിലേക്ക് അവനെ കൊണ്ടുവന്നു ഒരു കുഴപ്പില്ല അവനിപ്പോ നല്ല സുഖാണ് കുഫ്രിയത്തുന്നൊക്കെ മാറി അവന്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടായിരുന്ന അഴുക്കുകളൊക്കെ കളഞ്ഞു അവൻ ഉഷാറാണ് അവൻ ഒരുപക്ഷേ ജനി വീഴുന്നത് തന്നെ അങ്ങനെയാണ് അല്ലെങ്കിൽ അതിന് കുഫിരിയത്ത് നേരത്തെ കുഫറായതിനു ശേഷം പിന്നീട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു ഇങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ശരി നിന്ന് അവനെ രക്ഷപ്പെട്ടു ഒരാള് തീരെ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതും ഒരാള് തെറ്റ് ചെയ്ത് തോപ ചെയ്ത് തിരിച്ചു എന്നുള്ളതും രണ്ടും വ്യത്യാസമുണ്ട് തോപ ചെയ്ത് തിരിച്ചു തര വരുന്നതിനെ വരുന്നവനേക്കാൾ പരിശുദ്ധനാണ് തീരെ പാപം ചെയ്യാത്തവൻ രണ്ടാളെയും അല്ലാഹു രക്ഷപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും രണ്ടാളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അവര് പിന്നെ ശിഷ്ടകാല ജീവിതം നല്ല രീതിയിലൊക്കെയാണ് നയിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും രണ്ടാളെ സംബന്ധിച്ച് രണ്ട് വീക്ഷണമാണ് ഇസ്ലാമിന് ചില എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ഗ്രേഡിൽ ശ്രേഷ്ഠതകളിൽ അവർ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും തെറ്റ് ചെയ്യാ തിരെ തെറ്റ് ചെയ്യാത്ത പരമ ഒരു മനുഷ്യന്റെ സ്ഥാനത്തേക്ക് തെറ്റ് ചെയ്ത് തോപ ചെയ്ത് തിരിച്ചു വന്നവന് ആ സ്ഥാനം ലഭിക്കുക സാധ്യമല്ല ഏതായാലും ശരി ഞാൻ അതിലേക്കല്ല അപ്പൊ കുഫ്രിയത്തിൽ നിന്ന് അള്ളാഹു സുബാൻ അവതാല ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി വീണ്ടും കുഫിരിയത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് എന്തെങ്കിലും ഒരു സാഹചര്യത്തില് ആ കുഫ്രിയത്തിലേക്ക് കുഫിരിയത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും കാഫറാകുക എന്ന പൂർണാർത്ഥത്തിലൊന്നും മനസ്സിലാക്കേണ്ടതില്ല കുഫിയത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് അനിസ്ലാമികമായ ഇസ്ലാം വെറുക്കുന്ന ഇസ്ലാം ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവൻ പ്രവർത്തിക്കുക എന്നുള്ളത് തീയിലേക്ക് അവനെ പിടിച്ചിടുന്നതിന് തുല്യമായിരിക്കും അതാരും ഇഷ്ടപ്പെടൂല്ലോ ഒരു മനുഷ്യനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീയിലേക്ക് ജീവനോടെ അവനെ പിടിച്ചിടുക എന്നുള്ളത് ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അപ്പോള് രീതിയിൽ ആയിരിക്കും അ യും വെറുപ്പായിരിക്കും എന്നുവെച്ചാൽ അവൻ അത് കഴിയുകയേയില്ല എന്നാണ് അവൻ ഒരു ശരിയായ മനസ്സോടുകൂടെ ഒരു പൂർണ്ണ ബുദ്ധിയോടുകൂടെ ഒരാളും തീയിലേക്ക് എടുത്തു ചാടുകയില്ല തീയിനെ സ്വാഗതം ചെയ്യുകയില്ല അത് തന്റെ ശരീരത്തെ വെറുക്കും എന്നവൻ ഉറപ്പാണ് എന്നതുപോലെയാണ് വീണ്ടും കുഫിരിയത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അവൻ പോകുക എന്നുള്ളത് സ്വപ്നേമേ ചിന്തിക്കാൻ പോലും കഴിയില്ല അത് ഇത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന മനസ്സിലാക്കേണ്ട മറ്റുള്ള ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യനെ വല്ലാത്ത സമ്മർദ്ദം ചില കാര്യങ്ങളുണ്ട് വല്ലാത്ത അതും പിന്നെ റൂറത്തിന്റെ ഘട്ടം എന്നൊക്കെ പറയുന്ന സമയത്ത് പലതും അനുവദനീയമാകുന്ന കാര്യമുണ്ട് ഇവിടെ ഒരാളെ നിർബന്ധിക്കുകയാണ് പിന്നെ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോകാൻ ഒരു വേണ്ടാവൃത്തി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുഫിരിയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരാളെ വല്ലാതെ നിർബന്ധിക്കുകയാണ് അങ്ങനെ നിർബന്ധിച്ച് ആ നിർബന്ധം അവനെ തീയിലേക്ക് എടുത്തിടുന്ന പോലെയാണ് അവയിലേക്ക് എടുത്തിട്ടാലും സംഭവിക്കാൻ പോകുന്നത് എന്തെന്നെയാണ് മരണമാണ് അന്നപ്പോ ഇവിടെ അവൻ പിടിച്ചു നിന്നു ഇതിനോട് ത്യാഗോജ്വലമായ ഒരു സമരത്തിലൂടെ ഒരു ചെറുത്തു ചെറുത്തു നിൽപ്പിലൂടെ അവന് വീരമൃത്യു വരിക്കേണ്ടി വന്നാൽ പോലും അവൻ അതിലേക്ക് പോകൂല എന്നാണ് ഈ പറഞ്ഞതിന്റെ താമ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനെ അവരെ നിർബന്ധിച്ചു അങ്ങനെ ആ കാര്യം അനിസ്ലാമികമായ ആ കാര്യം ചെയ്യാതിരുന്നാൽ തനിക്ക് അതുകൊണ്ട് അപകടമുണ്ടാവും തന്റെ ജീവന് പോലും അത് ഭീഷണിയായി എന്ന് സങ്കൽപ്പിക്കുക ആ രംഗത്ത് ആ മരണം വരിക്കാൻ അവൻ തയ്യാറാകും അതാണ് കുഫിൻ വീണ്ടും തീയിലേക്ക് അവനെ വലിച്ചെറിയുന്നത് വെറുക്കുന്നത് പോലെ അവൻ വെറുക്കും ഇസ്ലാമിൽ നിന്ന് തിരിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ അറിയിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ ഹദീഫ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല ഇവിടെ ആ ലുഹുറു ബാങ്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല ഇനി നാളെ മുതൽ നമുക്ക് തുടരാതാണ് ആരെങ്കിലും മൈക്കിൽ വരണം എന്ന അപേക്ഷിക്കുകയാണുള്ള സുബഹാനോത്താലെ നമ്മുടെ എല്ലാ സംരംഭങ്ങളും അവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ സ്വാലിഹായ അമലായി നമ്മുടെ പ്രവർത്തനം അള്ളാവ് സ്വീകരിക്കുമാറാവട്ടെ നാളെ സ്വർഗീയ രാജ്യത്ത് നമ്മയും പ്രവാ ബന്ധപ്പെട്ട നമ്മുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ നമ്മെ ദീനിന്റെ പേരിൽ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാവർ എല്ലാവരെയും നാളെ സ്വർഗീയ രാജ്യത്ത് പ്രവാചക തിരുമേനു സാഹുലി വസ്ലമാ തങ്ങളോട് കൂടെ അള്ളാഹു സുബഹാനോത്തല ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ എന്ന് ദ്വായ ചെയ്യുകയാണെന്ന് വൈകിയതിൽ ക്ഷണിക്കണം അള്ളാഹു സുബാനോത്തല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ